പരമമായ തത്വമാണ് നിത്യശുദ്ധ ബുദ്ധ മുക്തനാണ് എന്ന് ഉപദേശിക്കുമ്പോൾ പറയുന്നു എനിക്കെന്റെ സ്വരൂപം അറിയണ്ട ഇതാണ് അജ്ഞാനം ഈ അജ്ഞാനത്തെയാണ് ഇവിടെ അജ്ഞാനം എന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് പിന്നെ ഇന്ന വിഷയങ്ങൾ അറിയില്ല എന്ന് പറയുന്നത് സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം അതാണ് അജ്ഞാനം ആത്മസ്വരൂപത്തെക്കുറിച്ച് അത് നിത്യശുദ്ധ മുക്തസ്വരൂപമാണ് അത് പരമാത്മസ്വരൂപമാണ് ഈ അറിവില്ല ഇതിനെയാണ് ഇതിന് മാത്രമാണ് അജ്ഞാനം എന്ന് പറയുന്നത് ഒരു ജീവന് പലതരത്തിലുള്ള അജ്ഞാനം ഉണ്ടാവും ഈ പ്രപഞ്ച നാനാത്വത്തിൽ അനന്തമായ ജ്ഞാനവും അനന്തമായ അജ്ഞാനമുണ്ട് ആത്മവിദ്യ കൊണ്ട് അതിനെയൊന്നുമല്ല നിശ്ചിപ്പിക്കുന്നു ഇല്ലയോ അതൊരു വിഷയമല്ല ആത്മവിദ്യ അതിനുവേണ്ടിയിട്ടുള്ളതുമല്ല തന്നെ കുറിച്ചുള്ള അതെ ആത്മവിദ്യ yesu mari khan sadaa mari khan maria priya yesu വിദ്യു തദ്ധർമ്മിര പ്രത്യക്ഷ വിവേകവിവേകൂ പ്രത്യക്ഷേതി അന്ധക്കണ്ണസ്തോ നോ ദുഷ്ട്രമത് അദ്ദേഹത്തെ മൂഢോഹമേകൂയേഭ്യനോ വിദാ തധാ ചന്നയധാര പിന്നെ ഏകത്വ പക്ഷത്തിന് സമർത്ഥിച്ചത് അതിന് ദൃഷ്ടാന്തമായി സുഹൃപ്തി പറഞ്ഞു അവിടെ ഏകമാണ് ആഗ്രഹണമാണ് ദുവിധ പ്രതീതിയും പക്ഷേ ഇതെങ്ങനെ മനസ്സിലാക്കിയത് ആത്മാവ് ഏകമാണ് ജീവൻ പരണിൽ നിന്ന് ഭിന്നമല്ല ഇക്കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് മനസ്സിലാക്കി അത് വിദ്യ ഉണ്ട് ആത്മവിദ്യ ഉണ്ട് ആത്മവിദ്യ ഭേദത്തെ നിഷേധിക്കുന്നു ജീവഭര ജീവപര ഭേദത്തെ നിഷേധിക്കുന്നു അതുപോലെ പ്രപഞ്ചവും ജീവനുമായിട്ടുള്ള ഭേദത്തെ നിഷേധിക്കുന്നു ഇങ്ങനെയെല്ലാം നിഷേധിച്ചാൽ ശേഷിക്കുന്ന വിദ്യ ആത്മവിദ്യ അത് പരമാർത്ഥമാണോ എന്നുള്ളതാണ് അടുത്ത് ചിന്തിക്കുന്നത് അത് പരമാർത്ഥമല്ല എന്നാണ് അടുത്ത് പറയുന്നത് പാരമാർത്ഥിക നിലയിൽ നോക്കുമ്പോൾ വിദ്യയും അവിദ്യയും തുല്യം തന്നെ രണ്ടിനും ആ നിലയിൽ വിശേഷ മഹത്വൊന്നുമില്ല പക്ഷെ ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന സംസാരത്തെ ഇല്ലാതാക്കുന്ന ഈ വിദ്യ ഇത് ആത്മാവിലാണല്ലോ പ്രകാശിക്കുന്നു സൂര്യനും അതിൻ്റെ പ്രകാശവും പോലെ പിന്നെ അതെങ്ങനെ അജ്ഞാനത്തെ പോലെ അസത്യമാകും അതാണ് വിശദീകരിക്കുന്നത് അതാകാൻ പാടില്ലല്ലോ എന്തുകൊണ്ട് വിദ്യാവിദ്യ ബഹുത്തധർമ്മത്വം വിദ്യ അവിദ്യയും ആത്മധർമ്മമാണല്ലോ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു സ്വാനുഭവമാണ് ജീവൻ പറയുന്നു ഞാൻ അജ്ഞനാണ് അജ്ഞാൻ അവിടെ തന്നിലാണ് പ്രത്യക്ഷമായി അനുഭവിക്കുകയാണ് ഓരോരുത്തർ നശിക്കത്തു എന്തുകൊണ്ട് ആത്മവിദ്യ തന്നെ കുറിച്ചുള്ള ഞാനാണ് തന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ചുള്ള ഞാനാണ് തന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാനം നശിക്കും നാനാത്ത വിഷയമായിട്ടുള്ള ജ്ഞാനാജ്ഞാനങ്ങളുമായി അതിന് ബന്ധമില്ല നാനാത്ത വിഷയവുമായി ജ്ഞാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ സർവജ്ഞനായി നാനാത്ത വിഷയത്തിലുള്ള അജ്ഞാനം നശിച്ചു എന്ന് പറഞ്ഞാൽ സർവജ്ഞനായി അത് ഈശ്വരൻ മനീശ്വരനും ജീവനും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഒരു ജീവന് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഉള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കാം ജ്ഞാനം കൊണ്ട് അതുകൊണ്ട് നാനാത്ത വിഷയമായ അജ്ഞാനം നശിക്കുന്നു നാനാത്ത വിഷയവുമായ അജ്ഞാനം ഇല്ലെങ്കിൽ അത് സർവജ്ഞനാണ് അത് സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം നിർവഹിക്കുന്ന ഈശ്വരനെ അത് സാധിക്കുന്നു അതുകൊണ്ടാണ് ജീവനും ഈശ്വരനും ഒന്നാകാത്തത് തത്വജ്ഞാനിയും ഈശ്വരനും ഒന്നാകാതിരിക്കുന്ന അതുകൊണ്ടാണ് ഇവിടെ നശിക്കുന്നു ജ്ഞാനം ഉണ്ടാകുന്നു എന്നെല്ലാം പറയുമ്പോൾ സ്വരൂപത്തെ സംബന്ധിച്ച അജ്ഞാനം സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം എങ്ങനെ നിലനിൽക്കുന്നു ഒന്ന് ഞാൻ ഈ ശരീരമാണ് അതിന് തുറന്നുവരുന്ന എന്റേതാണ് ഈ ശരീരം എന്ന് തുടങ്ങി വരുന്ന അജ്ഞാനം അത് കേവലം ഞാൻ എന്ന് പറയുന്ന അഹംബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന അഹംബോധത്തിന് കാരണമായിരിക്കുന്നതും അജ്ഞാനം തന്നെ അഹംബോധത്തെ ആശ്രയിച്ച് തന്നെ സംബന്ധിച്ച് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ആജ്ഞാനമാണ് അജ്ഞാനമോ അജ്ഞാനത്തിന്റെ കാര്യമോ ഞാനെന്റെ സ്വരൂപത്തെ അറിയുന്നില്ല എന്ന് പറയുന്നിടത്ത് അജ്ഞാനം ഞാൻ ഈ ശരീരമാണെന്ന് പറയുന്നിടത്ത് അജ്ഞാന കാര്യം എന്റെ സ്വരൂപം നിത്യമാണ് എന്നറിയേണ്ട സ്ഥാനത്ത് ഇതാനിത്യമാണ് എന്നറിയുന്നത് അജ്ഞാനകാരി എന്റെ സ്വരൂപത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്ന അജ്ഞാനം അപ്പോൾ തന്നെ സംബന്ധിച്ച് വരുന്ന അജ്ഞാനവും അജ്ഞാനകാരിവും അജ്ഞാനകാര്യവും അജ്ഞാനം തന്നെ ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജാഗ്ര സപ്നങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് അമിത്യെന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾ മൂന്ന് ഉപനിഷത്തുകൾ പഠിച്ചു കഴിഞ്ഞു ഇനി നാല് പനിഷത്ത് പഠിക്കാൻ ബാക്കിയുണ്ട് നാല് ഉപനിഷത്തുകളെ കുറിച്ച് നമുക്കറിയില്ല അറിവില്ലായ്മ അതല്ല ജ്ഞാനം അന്ന് ലോകത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാത്തതെന്ന് അതല്ല ഇവിടുത്തെ അജ്ഞാനം ആത്മവിദ്യയെ സംബന്ധിച്ച് പറയുന്ന അജ്ഞാനം അതല്ല അതായത് ഇവിടെ ഇരുൾ സർവത്രയുണ്ട് അപ്പൊ വെളിച്ചം കൊണ്ട് വിളക്കിന്റെ ചോട്ടിലുള്ള ഇരുളാണ് ഇല്ലാതാകുന്നത് അപ്പൊ ആ അജ്ഞാനം അതാണ് ഇവിടെ പറയുന്ന വിദ്യ അല്ലെങ്കിൽ അതിനെ പറയാം ആത്മാജ്ഞാനം ആത്മാജ്ഞാനം സ്വയം അറിയുന്നു ജ്ഞാനാജ്ഞനാണ് ദിവനം അവിടെ ഉപനിഷത്ത് തത്തുമസി എന്നെല്ലാം ഉപദേശിച്ചു ജ്ഞാനമുണ്ടായി ആത്മാജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാൻ അതെവിടെ ഉണ്ടായി അതും തന്നെ ആത്മാജ്ഞാനവും തന്റെ അവിടെ ആത്മാജ്ഞാനത്തെ നശിപ്പിച്ചിട്ട് പ്രകാശിക്കുന്ന ജ്ഞാനവും തന്റെ ആത്മധർമ്മമാണ് അതാകാമല്ലോ പറയുന്ന വിദ്വാൻ വിദ്യ ഉള്ളവൻ ആരാണി വിദ്വാൻ എന്ന് പറയുന്നത് ഏകമായ ആത്മാവ് അത് സർവത്ര തുല്യമായിരിക്കുന്നു പക്ഷെ ഒരു ജീവനിൽ ഗുരുപദേശം കൊണ്ട് ആ ജ്ഞാനം പ്രകാശിച്ചു അപ്പൊ ജ്ഞാനം പ്രകാശിച്ച പറയുന്നു വിദ്വാൻ എന്ന് പറയുന്നു അജ്ഞാനത്തെ നശിപ്പിച്ചു കൊണ്ട് അവിടെ പ്രകാശിക്കുകയാണല്ലോ അഗ്നിയുടെ പ്രകാശത്തെ പോലെ അല്ലെങ്കിൽ സൂര്യന്റെ പ്രകാശത്തെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷകാലം പറയുന്ന ദൃഷ്ടാന്തം അനുസരിച്ച് സൂര്യനെ കൊണ്ട് പകലുണ്ടാകുന്നു പോലും സൂര്യൻ ദൂരെയാണ് പക്ഷെ പകൽ നമ്മുടെ മുമ്പിലാണ് രാത്രി നമ്മുടെ മുമ്പിലാണ് പകലും രാത്രിയും സൂര്യനല്ല കാണുന്നവനിലാണ് അതുപോലെ വിദ്യ വിദ്വാനിൽ പ്രകാശിക്കുന്നു ഇത് ആ വിദ്വാൻ തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ പറയാം വിദ്യ എന്താണ് വിദ്വാന്റെ ധർമ്മമാണോ ആ വിദ്യ അജ്ഞന്റെ ധർമ്മമാണോ അജ്ഞനും പരമാർത്ഥത്തിൽ തന്നെ വിദ്വാനും ആത്മാവ് തന്നെ പക്ഷെ അജ്ഞന് അവിദ്യധർമ്മമായിരിക്കുന്നു വിദ്വാന് ജ്ഞാനം വിദ്യധർമ്മമായിരിക്കുന്നു വളരെ പരിശ്രമിച്ച് അജ്ഞാനത്തെ നശിപ്പിച്ച് വിദ്യയെ പ്രാപിച്ചു വിദ്യ പ്രകാശിക്കും ആ വിദ്യ പ്രകാശിക്കുമ്പോഴും അവിടെ അദ്വൈതം നിങ്ങളിൽ പറയുന്ന അദ്വൈതം ശ്രദ്ധിക്കുന്നില്ല ശിഷ്യന്റെ സംശയം അതങ്ങനെ ശ്രദ്ധിക്കും കാരണം അവിടെ വിദ്യ ഉണ്ടല്ലോ ആത്മവിദ്യ ആത്മാവും അതിനെ പ്രകാശിപ്പിക്കുന്ന വിദ്യയും ഇത് ചെന്ന നിങ്ങളുടെ ചിന്ത ശരിയല്ല എന്തുകൊണ്ട് പ്രത്യക്ഷത്വ എങ്ങനെയാണോ അജ്ഞാനം പ്രത്യക്ഷമായിരിക്കുന്നത് അജ്ഞാനം എനിക്കുണ്ടോ എന്ന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അത് പ്രത്യക്ഷമാരി അന്യന്റെ അജ്ഞാനം എനിക്ക് പ്രത്യക്ഷമാണ് പക്ഷെ എന്റെ അജ്ഞാനം എനിക്ക് പ്രത്യക്ഷമാണ് എന്തുകൊണ്ട് എന്റെ സ്വരൂപം ഇപ്പൊ ഞാനിപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരീരമായിട്ടാണ് ഇതാണ് അല്ലെങ്കിൽ ഈ ശരീരവും ഈ ശരീരത്തിന് എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടിച്ചേർന്നോ ശാസ്ത്രം ബോധിപ്പിച്ചതാണ് നീ ഇതല്ല ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായ ആത്മസ്വരൂപമാണ് അത് ബോധിപ്പിക്കുമ്പോ പറയുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെയും അജ്ഞനായിരുന്നു അത് കേൾക്കാത്തവനും പറയുന്നു ഞാൻ അജ്ഞനാണ് അങ്ങനെയൊരു കാര്യത്തിൽ ഞാൻ അജ്ഞനാണ് ബോധിപ്പിച്ചിട്ടും അങ്ങനെ ഒരു ജ്ഞാനം എനിക്ക് പ്രകാശിക്കുന്നുണ്ട് എനിക്ക് ശരീര ബോധമാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പൊ അജ്ഞന്റെയും അനുഭവമാണ് അജ്ഞാൻ വിദ്വാൻ ആണെങ്കിലോ ജ്ഞാനം നേടി പരിശ്രമിച്ച് നേടി അജ്ഞന്റെ അനുഭവം അജ്ഞനിൽ കേവലമായ അജ്ഞനില്ക്കുന്നു ഞാൻ അജ്ഞനാണെന്ന് പറയുന്നു അന്യന്റെ അജ്ഞാനത്തെ എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാൻ അജ്ഞനാണ് എന്റെ അജ്ഞാനത്തെയാ പറയുന്നു സമേദ്യം അവനവന് പ്രത്യക്ഷമായിരിക്കുന്നു അവനവന്റെ അജ്ഞാനം അതുപോലെ ഒരു ജീവൻ വിദ്യ നേടി ഞാൻ പറയുന്നു എന്റെ സ്വരൂപം ഈ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല അത് നിത്യമാണ് ഈ ശരീരാദികളിൽ നിന്നും വിലക്ഷണമാണ് സച്ചിദാനന്ദമാണ് അനിർത ജഡ ദുഃഖത്തിൽ നിന്നും ഭിന്നമാണ് എന്നറിയുന്നു അനൃതജദുഃഖത്തിൽ നിന്നും ഭിന്നമാണ് തന്റെ സ്വരൂപം അത് ആ പരമാത്മ തത്വം തന്നെ എന്നുള്ള ആ ജ്ഞാനം അതാ വിദ്വാന് പ്രത്യക്ഷമാണ് അജ്ഞനെങ്ങനെയാണോ അജ്ഞാനം പ്രത്യക്ഷമായിരിക്കുന്നത് അതുപോലെ വിദ്വാന് ജ്ഞാനവും പ്രത്യക്ഷമാണ് ആ ജ്ഞാനത്തെ എന്തുകൊണ്ട് പ്രത്യക്ഷമെന്ന് പറയുന്നു കാരണം അത് അതുവരെ ഉണ്ടായിരുന്ന അജ്ഞാന സംശയ വിപര്യങ്ങളെല്ലാം നശിപ്പിച്ചു എന്തിനെ സംബന്ധിച്ചാണ് അജ്ഞാന സംശയ വിപര്യങ്ങൾ ഉണ്ടായിരുന്നത് തന്റെ സ്വരൂപത്തെ സംബന്ധിച്ച് വിപരിയ സംഭവിച്ചെന്താണ് ഞാൻ ഇട്ടാണ് ഉറപ്പിച്ചു ഈ ശരീരമാണ് അതാണ് വിപരീയം സംശയം വരുന്നു ബോധിപ്പിച്ചത് ശാസ്ത്രം ബോധിപ്പിച്ചത് അതെങ്ങനെ ശരിയാകും ഉണ്ടായി നശിച്ചു പോകുന്ന ഞാൻ വെറും ബുദ്ധിയുടെ പ്രവർത്തനം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ എങ്ങനെ നിത്യശുദ്ധമുക്തനാകും സംശയം വരും അതുകൊണ്ട് ഉറപ്പിക്കുന്നു ഞാൻ ഈ ശരീരം തന്നെ ഞാൻ ആത്മാവല്ല വാജ്ഞാന സംശയവിവര്യങ്ങൾ പ്രത്യക്ഷമായിരിക്കും അപ്രത്യക്ഷമായിരിക്കുന്ന അജ്ഞാന സംശയ വിവരങ്ങളെ അപ്രത്യക്ഷമായ ജ്ഞാനം ഇല്ലാതാക്കുന്നു ജ്ഞാനത്തിന് പ്രത്യക്ഷമാകാതിരിക്കാൻ കഴിയില്ല ജ്ഞാനത്തിന്റെ വിഷയം പ്രത്യക്ഷമാകാതിരിക്കും അമേരിക്കയെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ ജ്ഞാനത്തിന്റെ വിഷയമായ ആ ഭൂപ്രദേശം ഒരാൾക്ക് പ്രത്യക്ഷമാകാതിരിക്കും പക്ഷെ അതിനെ സംബന്ധിച്ച് എന്തൊക്കെ ബോധിപ്പിച്ചോ ആ അറിവ് അത് പ്രത്യക്ഷം തന്നെ ആ അറിവിൻ പ്രത്യക്ഷമായതുകൊണ്ടാണ് പറയുന്നത് ആ അത് ആ സ്ഥലം എനിക്ക് പ്രത്യക്ഷമല്ല അറിവില്ലെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല ജ്ഞാനത്തിന്റെ സ്വരൂപം തന്നെ എന്താണ് അത് സദാ പ്രത്യക്ഷമാണ് അത് എന്ത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി പരോക്ഷമായ വിഷയങ്ങളെ സംബന്ധിച്ചായാലും അപരോക്ഷമായ വിഷയങ്ങളെ സംബന്ധിച്ചും സ്വർഗത്തെക്കുറിച്ച് പറയും പരോക്ഷമായ വിഷയമാണ് പക്ഷേ ജ്ഞാനം പ്രത്യക്ഷമാണ് സ്വർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം എങ്ങനെയാണോ സ്വർഗത്തെക്കുറിച്ചാൽ ധരിച്ചത് അതായത് എന്താണ് ആ ജ്ഞാനത്തെ പ്രത്യക്ഷമായ ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് പറയുന്നത് ആ ജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്ന ആ സ്വർഗം പരോക്ഷമാണ് എനിക്കറിയുന്നത് പക്ഷെ അങ്ങനെയൊരു ജ്ഞാനം എന്നിനില്ല അങ്ങനെ ഒരു ജ്ഞാനം എന്നിനുണ്ടായില്ല അങ്ങനെ ഒരു അറിവുണ്ടായില്ല എന്ന് പറയാൻ മതി എന്തുകൊണ്ട് അറിവ് പ്രത്യക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരുന്നു അറിവ് എപ്പോഴും പ്രത്യക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആത്മാവിനെക്കുറിച്ച് ശാസ്ത്രമോ ഗുരുവോ ബോധിപ്പിച്ചാലും അത് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് പ്രത്യക്ഷമായിട്ട് തന്നെ ഇരിക്കും അതിന് പരോക്ഷമായിട്ടിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രത്യക്ഷമാണ് അജ്ഞാനവും രണ്ടും പ്രത്യക്ഷമാണ് അജ്ഞാനം പ്രത്യക്ഷമായതുകൊണ്ട് അത് ആത്മധർമ്മമല്ല അങ്ങനെയാണെങ്കിൽ അതേ യുക്തിയനുസരിച്ച് ജ്ഞാനവും പ്രത്യക്ഷമായതുകൊണ്ട് അത് ആത്മധർമ്മമുണ്ട രണ്ടും തുല്യം തന്നെ വിദ്വാന്റെ ജ്ഞാനവും അജ്ഞാനവും രണ്ടും സ്തമം തന്നെ എന്താ വ്യത്യാസം ആ വിദ്വാന്റെ അജ്ഞാനം അവൻ ഇരുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചു അത് വിശദീകരിക്കുന്നു വിവേക അവിവേകവും രൂപാധിപത് പ്രത്യക്ഷോപലഭ്യത വിവേകവും അവിവേകവും ജ്ഞാനവും അജ്ഞാനവും രൂപാധികളെ പോലെ രൂപ സഗന്ധസ്പർശങ്ങളെ നമ്മളെങ്ങനെയാണോ ഇന്ദ്രിയങ്ങളെക്കൊണ്ട് പ്രത്യക്ഷമായി അനുഭവിക്കുന്നത് വിഷയങ്ങൾ പറയുന്നു ആ വിഷയങ്ങൾ എങ്ങനെയാണോ പ്രത്യക്ഷം എന്ന് പറയുന്നു കാരണം ഇവിടെ പ്രത്യക്ഷം പരോക്ഷമൊന്നും രണ്ടുണ്ടല്ലോ വിഷയങ്ങളെ ഈ കാണുന്ന രൂപം കാണാത്ത രൂപം കാണുന്ന രൂപം പ്രത്യക്ഷം കാണാത്ത രൂപം പരോക്ഷം കേൾക്കുന്ന ശബ്ദം പ്രത്യക്ഷം കേൾക്കാത്ത ശബ്ദങ്ങൾ പരോക്ഷം അതുപോലെ രൂപാതികളിൽ പ്രത്യക്ഷ പരോക്ഷങ്ങളുണ്ട് അതിൽ പ്രത്യക്ഷമായ രൂപാധി വിഷയങ്ങളെടുക്കുക അതുപോലെ ജ്ഞാനവും അജ്ഞാനവും പ്രത്യക്ഷമായിരിക്കുന്നു ജ്ഞാനം പ്രത്യക്ഷമായിരിക്കുന്നവന് വിദ്വാനെന്ന് പറയുന്നു അജ്ഞാനം പ്രത്യക്ഷമായിരിക്കുന്നവനെ പാമരൻ എന്ന് പറഞ്ഞു അത് പ്രത്യക്ഷമായതുകൊണ്ട് ഇത് ആത്മധർമ്മമല്ല എന്ന് പറഞ്ഞാൽ ഇത് അനിത്യമാണോ ഇതാത്മസ്വഭാവമല്ല രണ്ടും അനിത്യമാണ് അജ്ഞാനം എങ്ങനെയാണോ അനിത്യമായിരിക്കുന്നത് ജ്ഞാനവും അതുപോലെ അനിത്യമാണ് എന്തുകൊണ്ട് അന്ധക്കരണസ്ഥ ഇത് രണ്ടും അന്ധക്കരണത്തിൽ സ്ഥിതി ചെയ്യുകയാണ് എത്ര വലിയ ജ്ഞാനമായാലും ശരി ഈ ലോകത്തെ മുഴുവൻ അറിയുന്ന ജ്ഞാനമായാലും ശരി സർവജ്ഞ അല്ല ഇനി ഈ പറഞ്ഞതുപോലെ വിദ്വാന്റെ ജ്ഞാനം പരമാത്മാവിനെ സാക്ഷാത്കരിച്ച ജ്ഞാനമായാലും ശരി ഈ ജ്ഞാനമെല്ലാം കേവലം അന്ധക്കരണ പരിണാമമാണ് അന്ധക്കരണസ്ഥവും അജ്ഞാനവും അതിന്റെ കാര്യങ്ങളും അന്ധകരണത്തിലിരുന്ന് ആ ജീവന്റെ മുക്തിയെ തടസ്സപ്പെടുത്തും ആത്മജ്ഞാനം അന്ധകരണത്തിലിരുന്നു കൊണ്ട് അജ്ഞാന സംശയെ വിപര്യങ്ങളിൽ നിന്ന് അവനെ മുക്തനാക്കും ഇതേ രണ്ട് നമ്മുടെ വ്യത്യാസം ഇത് രണ്ടും ആത്മസ്വരൂപമല്ല ഇത് രണ്ടും അനിത്യമാണ് ആ രീതിയിൽ ഇത് രണ്ടും തുല്യമാണോ വിവേകവും അവിവേകവും അജ്ഞാനം പ്രത്യക്ഷമാണ് ആത്മജ്ഞാനം പ്രത്യക്ഷമാണ് ആത്മാവ് പ്രത്യക്ഷമല്ല ആത്മാവ് പ്രത്യക്ഷ അല്ല എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കാരണം ശാസ്ത്രം നിന്ന് പറയുന്നു ആത്മാവ് പ്രത്യക്ഷമാണ് സാറിന്റെ പ്രത്യക്ഷമെന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ മുമ്പിലിരിക്കുന്ന പുസ്തകം പ്രത്യക്ഷമാണ് എന്ന് പറഞ്ഞാൽ അത് ഈ ജീവന്റെ ജ്ഞാനത്തിന് വിഷയമൊന്നാണ് പ്രത്യക്ഷത്തിന്റെ അർത്ഥം ജ്ഞാന വിഷയമായതിനാണ് നമ്മൾ പ്രത്യക്ഷമെന്ന് പറയുന്നത് ആത്മാവ് പ്രത്യക്ഷമല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം ആത്മാവ് ആത്മജ്ഞാനത്തിന് വിഷയമല്ല മറ്റ് ജ്ഞാനങ്ങൾക്കൊന്നും വിഷയമില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല രൂപജ്ഞാനത്തിന് നമുക്ക് പറയാം ആത്മാവ് വിഷയമില്ല കാരണം രൂപജ്ഞാനം ഉണ്ടെങ്കിലും എനിക്ക് ആത്മജ്ഞാനമില്ല രസജ്ഞാനം ഗന്ധജ്ഞാനം എല്ലാം എനിക്കുണ്ട് പക്ഷേ ആത്മജ്ഞാനമില്ല അതുകൊണ്ട് പറയുന്നു സാതിജ്ഞാനങ്ങൾക്ക് ആത്മാവ് വിഷയമല്ല അതുകൊണ്ട് പ്രത്യക്ഷമല്ല രൂപജ്ഞാനത്തിനെന്താ വിഷയം രൂപം രസജ്ഞാനത്തിനെന്താ രസം ഈ പ്രാപഞ്ചികമായ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതാത് വിഷയങ്ങളുടെ ജ്ഞാനത്തിന് അത് പ്രത്യക്ഷമാണ് അതുകൊണ്ട് ഇതെല്ലാം ജ്ഞാന വിഷയമാണ് അജ്ഞാനം ഉൾപ്പെടെ ജ്ഞാനവിഷയമാണ് പക്ഷെ ആത്മാവ് ആത്മജ്ഞാനത്തിന് വിഷയമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആത്മാവ് പ്രത്യക്ഷമല്ല പക്ഷെ ജ്ഞാനത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞെന്താണത് പ്രത്യക്ഷമാണ് ജ്ഞാനത്തിന് പ്രത്യക്ഷമായിരിക്കാനേ കഴിയൂ ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കുക അപ്രത്യക്ഷമാകുക പ്രകാശിക്കുമ്പോൾ തന്നെ അത് അപ്രത്യക്ഷമായിരിക്കും അത് സംഭവിക്കത്തില്ല ഏത് ജ്ഞാനമായി ആത്മജ്ഞാനമോ വിഷയജ്ഞാനമോ എന്തായിച്ച് ജ്ഞാനം ഉദിച്ചോ അത് പ്രകാശിക്കും പ്രകാശം വന്നു കഴിഞ്ഞു ഇരുട്ടാണെന്ന് പറയാൻ പറ്റത്തില്ല പ്രകാശം വന്നോ അത് പ്രകാശം തന്നെ ആയിരിക്കും അതാണ് ഇരട്ടിൽ നിന്നും അതിനെ വേണുതിരിക്കുന്നത് അതിൻ്റെ സ്വഭാവമാണ് പ്രകാശിക്കുക എന്നുള്ള സ്വഭാവമാണ് അതുകൊണ്ട് ആത്മജ്ഞാനം പ്രത്യക്ഷമാണ് ഞാനിവിടെ പറഞ്ഞത് പ്രത്യക്ഷത്വ ഇത് ആൾക്കാർക്ക് ഭ്രമമുള്ള കാര്യമാണ് പക്ഷേ ആത്മാവ് പ്രത്യക്ഷമല്ല എന്തുകൊണ്ടല്ല ആത്മാവ് അടുത്തിനി പറയും അത് മനസ്സിന് വിഷയമല്ല ജ്ഞാനത്തിന് വിഷയമല്ല മനസ്സെന്ന് ജ്ഞാനം ജ്ഞാനം മനസ്സ് തന്നെ രണ്ടും ഒന്ന് തന്നെ സാങ്കേതികമായി ചിന്തിക്കരുത് താല്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടും ഒന്നാണ് ജ്ഞാനം തന്നെ മനസ്സ് ഉപാചം എന്ന് പറയ മനസ്സാസഹ എന്ന് പറയുന്നത് കൊണ്ടാണ് വിഷയമല്ലാത്തതുകൊണ്ട് അത് പ്രത്യക്ഷമല്ല ധ്രൂവരസാദികൾ ജ്ഞാനത്തിന് വിഷയമായതുകൊണ്ട് അത് പ്രത്യക്ഷമാണ് ജ്ഞാനം സദാ പ്രത്യക്ഷ സ്വരൂപമായിരിക്കുന്നു അതുകൊണ്ട് ജ്ഞാനം പ്രത്യക്ഷമാണ് ധ്രൂപജ്ഞാനവും പ്രത്യക്ഷമാണ് ആത്മജ്ഞാനവും പ്രത്യക്ഷമാണ് അതാണ് ഇവിടെ പറഞ്ഞത് വിവേകം പ്രത്യക്ഷമാണ് ജ്ഞാനം പ്രത്യക്ഷമാണെന്ന് ആത്മാവ് പ്രത്യക്ഷമല്ല എന്ന എന്തുകൊണ്ട് പറയുന്നു അത് ജ്ഞാനത്തിന് വിഷയമല്ല അതുകൊണ്ട് എന്നാൽ ആത്മാവിന് പ്രത്യക്ഷമാണെന്നും പറയാം അത് ശരി പറയും എത്താക്ഷാത് അപരോക്ഷാദ് ബ്രഹ്മ അത് ജ്ഞാനത്തിന്റെ വിഷയമെന്നുള്ള നിലയ്ക്ക് പ്രത്യക്ഷമല്ല മറിച്ചത് ജ്ഞാനസ്വരൂപമായി പ്രത്യക്ഷമാണ് പ്രകാശം പ്രകാശത്തിന്റെ വിഷയമായി പ്രകാശിക്കുകയല്ല മറിച്ചത് പ്രകാശം എന്നുള്ള നിലയ്ക്ക് പ്രകാശിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ കാരണ പറയുന്നത് എന്താണ് വെളിച്ചത്തെ വെളിച്ചം കൊണ്ട് കാണേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ ഇത് എല്ലാം പറയും ഇത് വേർതിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പം വരും അതുമാത്രമാണ് നമ്മുടെ കൈമദനം അപ്പോൾ അതിന് പ്രത്യക്ഷമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രത്യക്ഷമെന്നുള്ള പദത്തിനു വികരം ശ്രുതി അപരോക്ഷം എന്ന് പറയുന്നത് കാരണം പ്രത്യക്ഷ സർവ്വസാധാരണമാണ് രൂപരസഗന്ധങ്ങളിലെല്ലാം ഉണ്ടാ പ്രത്യക്ഷ വിഷയരൂപത്തിലുള്ള പ്രത്യക്ഷ അപ്പൊ വിഷയരൂപത്തിലുള്ള പ്രത്യക്ഷമല്ല എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നു അത് അപരോക്ഷമായ പ്രത്യക്ഷമാണ് വിഷയരൂപമല്ലെങ്കിലും അത് പ്രത്യക്ഷമായിരിക്കുന്നു അതിനോട് എപ്പോഴും പ്രകാശത്തിന്റെ ദൃഷ്ടാന്തം പറയുന്നുണ്ട് ആത്മാവ് അപരോക്ഷമായിരിക്കുന്നു പിന്നെ ജ്ഞാനത്തിന്റെ ആവശ്യം പരിശ്രമിച്ച ഒരാളെ ഞാൻ അന്നെടുന്ന് പറയുന്നു എന്റെ ആവശ്യം എന്താണ് ഉപദേശത്തിന്റെ ആവശ്യമെന്തോ ഗുരുവിന്റെ ആവശ്യമുണ്ട് ശാസ്ത്രത്തിന്റെ ആവശ്യം പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരെല്ലാവരും കണ്ണടച്ച് വാ പളർത്തും ആലോചിക്കുന്നതാണ് എന്തിനു വേണ്ടി ഇതെല്ലാം കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്യുന്നു അപ്പോഹാർഥ ഇതിനുള്ള അജ്ഞാന സംശയ ഭ്രാന്തികളും നിരാകരിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയാണ് ജ്ഞാനത്തിന്റെ ഉപയോഗം ആത്മാവിനെ പ്രത്യക്ഷപ്പെടുത്താനല്ല എന്നുള്ളതിന്റെ ആവശ്യം സ്വയം പ്രകാശിക്കുന്നു അപ്പൊ ജ്ഞാനം വ്യർത്ഥമാണ് എന്ന് പലയിടത്തും പറയും ശാസ്ത്രത്തിൽ തന്നെ ജ്ഞാനം കൊണ്ട് പ്രയോജനമൊന്നുമില്ല ജ്ഞാനം നിസ്സഹായമാണ് അത് പറയുന്ന എന്തുകൊണ്ട് കാരണം ജ്ഞാനത്തിന് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ശേഷിയില്ല അതിന്റെ ആവശ്യമില്ല ശേഷിയില്ലെന്നുള്ള ഞാൻ അതിന്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഞാനും വ്യർത്ഥമാണെന്ന് പറയും നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട എന്ന് പറയും എന്തുകൊണ്ട് എന്തുകൊണ്ട് പറയുന്നു ഒരാൾ ധരിക്കുകയാണ് ഞാൻ ജ്ഞാനത്തെ സമ്പാദിക്കും ഈ ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അറിയും എന്ന് കരുതിയാണ് നിങ്ങൾ ജ്ഞാന സമ്പാദനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ ആശ്രമം വേണ്ട അത് നടക്കുന്ന കാര്യമുണ്ട് ഒരാൾ അങ്ങനെ പരിശ്രമിക്കുകയാണ് ജ്ഞാനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ജ്ഞാനം നേടണം ജ്ഞാനം കൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കണം എനിക്കെ പ്രത്യക്ഷമാക്കണം അപരോക്ഷമാക്കണം എന്ന് കരുതി ഒരാൾ ജ്ഞാന സമ്പാദനത്തിന് ശ്രമിക്കുകയാണെങ്കിൽ അയാളോട് പറയും വേണ്ടത് ആവശ്യമില്ലാത്തതാണ് എന്തുകൊണ്ട് ജ്ഞാനത്തിന് അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ജ്ഞാനത്തെ സമ്പാദിക്കാൻ ശ്രമിക്കുക നിഷ്പ്രയോജനം അയാൾ എന്ത് ചെയ്യുന്നു അന്ധതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു അയാളൊന്നും നേടത്തില്ല എന്ന് പറഞ്ഞാൽ ഇതയാളുടെ അജ്ഞാനമാണ് ഈ അജ്ഞാനമാണ് മാറേണ്ടത് അജ്ഞാനത്തെ അജ്ഞാനം കൊണ്ടുമാറ്റാൻ കഴിയില്ല ഞാൻ ആ ജ്ഞാനത്തെ സമ്പാദിച്ച് എന്ന് ധരിച്ചിരിക്കുന്ന അജ്ഞാനമാണ് ഈ അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ജ്ഞാനം നേടുന്നത് ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണ് ജ്ഞാനം ഈ അജ്ഞാനത്തെ നിലനിർത്തിക്കൊണ്ട് ജ്ഞാനം നേടാൻ സാധ്യമല്ല അതുകൊണ്ട് ഒരു അങ്ങനെ ശ്രമിക്കേണ്ട ആ വേണ്ടിയുള്ള പരിശ്രമം ബർദ്ധമാണ് മറിച്ചത് പറയുമ്പോൾ എന്താണ് ജ്ഞാനം നേടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അതിനുവേണ്ടി ശ്രവണ മനനം നിധ്യാസനങ്ങളെല്ലാം വേണം വേറെടുത്ത് പറയും എന്താണ് ഈ ശ്രവണമനന നിധ്യാസനങ്ങളൊന്നും പ്രയോജനമില്ല എന്തുകൊണ്ട് ഇതെല്ലാം ഇവന്റെ അജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്ന ഇവൻ കരുന്ന് ഇതെല്ലാം കൊണ്ട് ഞാനൊരു ജ്ഞാനം നേടും ആ ജ്ഞാനം കൊണ്ട് ആത്മാവിനെ അപരോക്ഷമാക്കുമെന്നാണ് ഇതജ്ഞാനം ഈ അജ്ഞാനത്തെ വളർത്തിയെ വളർത്താനെ ഇതെല്ലാം ഉപകരിക്കുക എല്ലാ അഭ്യാസങ്ങളും മറിച്ച് പറയുക എന്താണ് ശ്രവണമെന്ന വിഭ്യാസങ്ങൾ കൊണ്ട് ജ്ഞാനത്തെ സമ്പാദിക്കണം പറയും ശ്രമിച്ചു മനസ്സിലായില്ല മനസ്സിലായത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിപരീത ബുദ്ധിയാണ് മനനത്തിലും മനസ്സിലായില്ല ധ്യാനത്തിലും മനസ്സിലായില്ല സർവത്ര വിപരീത ബുദ്ധിയാണ് അജ്ഞാനമാണ് നിന്നെടുത്ത് നിന്ന് തന്നെ തിരികുകയാണ് അപ്പം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല മറിച്ച് ഒരാൾ ശ്രവണ മനങ്ങളിലൂടെ ഇത് മനസ്സിലാക്കുന്നതാണ് അങ്ങനെ പ്രത്യക്ഷമായ ഒരു ജ്ഞാനം ഉണ്ടാകണം ആ ജ്ഞാനം അജ്ഞാന സംശയവിപര്യങ്ങൾ നശിപ്പിക്കുന്നതാണ് ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നതല്ല അങ്ങനെ ഒരു ജ്ഞാൻ ആ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുക അവിടെ പരിശ്രമം ആവശ്യമാണ് ഒരു തലത്തിൽ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പരിശ്രമം നിഷ്പ്രയോജനമാണ് വേറൊരു തലത്തിൽ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പരിശ്രമവും സാർത്ഥകമാണ് അതുകൊണ്ടാണ് ഗുരുപദേശിക്കുന്നത് ശാസ്ത്രം പറയുന്നത് ജിജ്ഞാസ പരിശ്രമിക്കുന്നത് അതാണ് വിവേകത്തോടു കൂടിയുള്ള ജ്ഞാനസാധന എന്ന് പറയുന്നതാണ് അപ്പൊ അയാൾക്ക് ജ്ഞാനസാധനയിൽ ഭ്രമമില്ല ജ്ഞാനസാധനയിൽ ഭ്രമമില്ലെങ്കിൽ അയാൾ ജ്ഞാനിയായി അഭ്രമം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കാലതാമസമില്ല അയാൾ തത്വജ്ഞൻ തന്നെ ആത്മാവിനെ പ്രത്യക്ഷമാക്കി കിടയാം എന്നുള്ള അയാളുടെ ഭ്രമം മാറി നമ്മളാത്മാവിൽ ആ ജീവനിൽ അത് അപരോക്ഷമായി പ്രകാശിക്കുന്നു അതിനെ സംബന്ധിച്ചുണ്ടായിരുന്ന അജ്ഞാന സംശയവിപര്യങ്ങൾ മാറി അതിന് സഹായിച്ചത് എന്താണ് ജ്ഞാനം ആ ജ്ഞാനത്തിന് അത്രയ്ക്കുള്ള കഴിവേ എന്താണ് അജ്ഞാന സംശയവിപര്യങ്ങളെ മാറ്റുക അതുകൊണ്ടാണ് അതിനെ പ്രത്യക്ഷമെന്ന് പറയുന്നത് മുമ്പിലിരിക്കുന്ന പുസ്തകം ഏതുവരെ പ്രത്യക്ഷമാകത്തില്ല എന്റെ കണ്ണിന് കാഴ്ച ശരിയല്ല കണ്ണാടി കാണത്തില്ല വെളിച്ചമില്ല വെളിച്ചത്തില്ല കുറവുകൊണ്ട് കാണത്തില്ല പല കാരണങ്ങളൊണ്ടും ഞാനിതിനെ കാണാതിരിക്കാം തിമിരം കൊണ്ട് കാണാതിരിക്കാം എന്റെ മനസ്സാന്നിധ്യമില്ല ഞാനെന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കാണാതിരിക്കും അതുവരെ ഈ പുസ്തകം പ്രത്യക്ഷമല്ല എന്തുകൊണ്ട് ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിപരീയങ്ങളെല്ലാം അവിടെ നിന്ന് എനിക്ക് തോന്നും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വെളുത്ത തുണിയാണ് പുസ്തകം ഭ്രമം തോന്നും ചെറിയൊരു വെളിച്ചത്തിൽ കാണുന്ന പുസ്തകമാണോ അതോ ഒരു തുണി കഷ്ണമാണോ സംശയം അല്ല ഇവിടെ മേശയുള്ള പുസ്തകമില്ല അജ്ഞാനം ഇത് ഇതെല്ലാം നിലനിൽക്കുന്നിടത്തോളം കാരണം ഈ പുസ്തകം പ്രത്യക്ഷമല്ല അജ്ഞാന സംശയ വിവരങ്ങൾ ഈ പുസ്തകത്തിന്റെ പ്രത്യക്ഷത്തെ തടയി സർവ്വ വിഷയങ്ങളിലും ഇതാണ് സംഭവിക്കുന്നത് ഏത് വിഷയത്തെ ഗ്രഹിക്കുന്ന അജ്ഞാന സംശയ ഏതെങ്കിലും ഒന്നോ നിൽക്കുകയോ വിഷയത്തിന്റെ പ്രത്യക്ഷം ഉണ്ടാകരുത് ഇവിടെ നല്ല ഞാൻ കണ്ണാടി വെച്ചു ശ്രദ്ധിച്ചു നോക്കുന്നു മനസാന്നിധ്യം വന്നും ഉടൻ പ്രത്യക്ഷമായി ഇത് പുസ്തകമാണ് ആ നിമിഷം ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയവിപര്യങ്ങളെല്ലാം നിശ്ചിച്ചു ഇത് വിഷയജ്ഞാനത്തെ സംബന്ധിച്ചുള്ള കഥ ആത്മജ്ഞാനത്തെ സംബന്ധിച്ചാണെങ്കിലോ അവിടെയും ഇത് തന്നെ സംഭവിക്കുന്നു അവിടെയും എനിക്കുണ്ടായിരുന്ന അജ്ഞാന സംശയവിപര്യങ്ങളാണ് ഇവിടെ തിമിരത്തിന് പകരം അവിടെ അജ്ഞാനം അവിദ്യ ശ്രുതിയിൽ നിന്ന് കിട്ടിയ ജ്ഞാനം അല്ലെങ്കിൽ ഗുരു തന്റെ സ്വരൂപത്തെ ബോധിപ്പിച്ച ആ ജ്ഞാനം ആ ജ്ഞാനം അജ്ഞാന സംശയ വിപര്യങ്ങളെ നീക്കി നീക്കിയപ്പോൾ അത് സ്വയം പ്രത്യക്ഷ സ്വരൂപമായിരുന്നു അവിടെ ആ ജ്ഞാനത്തിന് പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പിന്നീട് ജ്ഞാനം അവിടെ ഉണ്ടോ ഇല്ലയോ അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല അജ്ഞാനം എത്ര സമയം നിൽക്കും അതിനൊന്നും പ്രസക്തിയില്ല എന്തുകൊണ്ട് അവിടെ അദ്വൈതം അദ്വൈതത്തിൽ വികൽപ്പങ്ങൾക്ക് സ്ഥാനമില്ല ജ്ഞാനം അതിൻ്റെ ജോലിയെ നിർവഹിച്ചു അജ്ഞാനസംശയ വിപരീയങ്ങളെ അവസാനിപ്പിച്ചു അതോടുകൂടി ബുദ്ധിയുടെ സർവ്വവികൽപ്പങ്ങളും അവസാനിച്ചു ആത്മാവ് ഇതൊന്നും കൂടാതെ പ്രകാശിക്കുന്നു അജ്ഞാന സംശയവിപരീയങ്ങൾ കൂടാതെ പ്രകാശിക്കുന്നു അവിടെ പിന്നെ ചോദ്യം പിന്നെന്താണ് ആത്മാവിനെ വെളിപ്പെടുത്തിയ ജ്ഞാനം പിന്നീട് എത്ര സമയം കൂടെ കാണും ആ ജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ വീണ്ടും അജ്ഞാനം വരുമോ ഇത്തരം അസംബന്ധങ്ങൾ ഇത്തരം വികല്പങ്ങൾ അവിടെ സ്ഥാനമില്ല എന്തുകൊണ്ട് ആത്മാവിനെ സംബന്ധിച്ച അജ്ഞാന സംശയ വിവരങ്ങൾ അത് നശിപ്പിച്ചു അജ്ഞാനം അത് പ്രത്യക്ഷമാണ് എന്തുകൊണ്ടാണ് അത് പ്രത്യക്ഷം പറയുന്നത് അതുവരെ അജ്ഞാനം പ്രത്യക്ഷമായിരുന്നു ഇപ്പോ മറ്റൊന്ന് പ്രത്യക്ഷമായി ജ്ഞാനം പ്രത്യക്ഷമാണ് അതുകൊണ്ട് അജ്ഞാനം പ്രത്യക്ഷമാണ് അത് അന്തക്കനത്ത് സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും അവകാശപ്പെടുന്നുണ്ട് എന്താണ് ഞാൻ ആത്മാവിനെ പ്രത്യക്ഷമാക്കി അങ്ങനെ പ്രത്യക്ഷമാക്കി എന്ന് അവകാശപ്പെടുന്നു എന്തുകൊണ്ട് അതിന്റെ ആവശ്യമില്ലാതെ പ്രത്യക്ഷമാണ് മറിച്ച് സാധാരണ പറയുന്നതല്ല അത് വേറൊരു ഭാഷയിൽ പറയുന്ന എനിക്ക് ആത്മാവിന്റെ അനുഭൂതിയുണ്ട് അങ്ങനെ ഒരു അവകാശവാദവും വിദ്വാനില്ല എന്തുകൊണ്ട് അതിന്റെ ആവശ്യമില്ല പ്രത്യക്ഷം വന്നു അപരോക്ഷം എല്ലാം പറഞ്ഞു വന്നു എന്നൊരർത്ഥം തന്നെ ആത്മാവ് സ്വയം അനുഭൂതി സ്വരൂപമാണ് പിന്നെ അതിൻ്റെ ഒരു രണ്ടാമതൊരനുഭൂതി വന്നാൽ അത് ദ്വൈതമായി എന്തെങ്കിലും അനുഭൂതികൾ ഉണ്ടായിട്ടത് ആത്മാനുഭൂതിയാണെന്നൊരാൾക്ക് ഭ്രമിക്കാം അതെല്ലാം ഭ്രമം അത് മാറുന്ന ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത് ഭ്രമത്തെക്കുറിച്ചല്ല ഒരാൾ തത്വബോധം കൂടാതെ ധ്യാനിച്ചു കണ്ണടച്ച് ധ്യാനിച്ചു ആദ്യം ഒരു ചെറിയ വെളിച്ചം വന്നു പിന്നീട് ഒരു വലിയ വെളിച്ചം വന്നു എന്താണ് കണ്ണ് കണ്ണ് മഞ്ചിപ്പൂ എന്താ ഇതൊക്കെ സംഭവിച്ചു അത് കഴിഞ്ഞാൽ പറ ഞാൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു ഒരു പ്രകാശമായിട്ട് സാധാരണ പ്രകാശം പോലെയുള്ള സൂര്യനെക്കാളും വലിയൊരു പ്രകാശമാണ് ഭ്രമം കേവലമായ ഭ്രമം ൾ ധ്യാനിച്ചു അയാൾക്ക് അനുഭവപ്പെട്ട പ്രകാശം ഭ്രമം എന്നല്ല പറയുന്നു ധ്യാനിച്ചാൽ പ്രകാശം ഇരുട്ടുമൊക്കെ അനുഭവപ്പെടാം കാരണം എന്തുകൊണ്ട് അന്ധകരണത്തിൽ ഇതെല്ലാം ഉണ്ട് പ്രകാശം ഇരുട്ടുമെല്ലാം അന്ധകരണത്തിലുണ്ട് അതെല്ലാം വെളിപ്പെടാം അത് ഭ്രമം എന്നല്ല പറയുന്നു പക്ഷെ അതാണ് ആത്മാവെന്ന് ധരിച്ചിടത്താണ് ഇനി ഒരാൾ ധ്യാനിച്ചു സുഖം വന്നു പറഞ്ഞിട്ട് മനുഷ്യന്റെ സുഖം ദേവന്മാരുടെ സുഖം അതുപോലെയൊക്കെയുള്ള സുഖങ്ങളും ചെറിയ സുഖമാണ് അതുവരെ പൽപ്പായസം കുടിച്ച സുഖമേ അനുഭവിച്ചിട്ടുള്ളൂ ഇത് സുഖമാണ് അതിലും സുഖമായതുകൊണ്ട് അയാൾ ഉറപ്പിച്ച ഇത് സുഖമാണ് താൻ സുഖം ആനന്ദമാണ് പരമാനന്ദമാണ് എന്തുകൊണ്ട് താൻ ധ്യാനിച്ചപ്പോ പ്രത്യക്ഷമായി അനുഭവിച്ചാണ് ആ അനുഭവം അസംബന്ധമെന്നല്ല പറയുന്നത് അങ്ങനെ അനുഭവം ഉണ്ടാവാം അതല്ലേ മുമ്പ് ചർച്ച ചെയ്തതിനെ കുറിച്ച് മാത്രമല്ല ഇപ്പോൾ കേട്ടിട്ടുമുണ്ട് ആത്മാവ് പരമാനന്ദമാണോ അടുത്ത് പറയുകയും ചെയ്യും അത് പരമാനന്ദമാണ് അപ്പോ തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചത് ആത്മാവിന്റെ ആനന്ദമാണ് അതും എന്തുകൊണ്ട് ആത്മാവ് അനുഭവിക്കാൻ പറ്റില്ല അതിന് പ്രകാശമായിട്ടോ ആനന്ദമായിട്ടോ വിരളായിട്ടോ ഒന്നും ഒരിടത്തും അനുഭവിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് സാക്ഷാത് അപരോക്ഷ അത് കേവലം അപരോക്ഷ സ്വരൂപമാണോ അതുകൊണ്ട് അദ്വൈതിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അദ്വൈതം നിഷേധിക്കുന്നുമില്ല പ്രകാശമോ ആനന്ദമോ ഒക്കെ അനുഭവങ്ങളുണ്ടാകും അതിനദ്വൈതം നിഷേധിക്കുന്നില്ല പക്ഷെ ആ അനുഭവങ്ങളൊന്നും തന്നെ ആത്മാവിന്റെ അനുഭവങ്ങളല്ല എന്തുകൊണ്ട് അവിടെയെല്ലാം ആത്മാവിനെ അനുഭവങ്ങൾ അനുഭവിക്കുന്നവരുണ്ടായിരുന്നു അവന്റെ അനുഭവം ഉണ്ടായിരുന്നു അവൻ അനുഭവിച്ച ആനന്ദമുണ്ടായിരുന്നു പ്രകാശം ഉണ്ടായിരുന്നു അവിടെ എല്ലാം ദ്വൈതമുണ്ടായിരുന്നു ഒന്ന് ചുരുക്കം ഇവിടെ ദ്വൈതത്തെ നിഷേധിക്കുകയാണ് അദ്വൈതിയും പറഞ്ഞല്ലോ ജ്ഞാനം പ്രത്യക്ഷമാണ് അതുകൊണ്ട് ആനന്ദവും പ്രത്യക്ഷമാണ് ശ്രുതിയും പറയുന്നു ഒരു ഒരു ജീവന് അനുഭവിക്കാവുന്നതില് എത്രയോ വലിയ ആനന്ദം ശേഷിക്കുന്നു അതനുഭവിക്കണമെങ്കിൽ ദേവനോ ഗന്ധർവനോ ഗർഭനമൊക്കെ ആകണം എന്നാലേ അത് അനുഭവിക്കാൻ പറ്റും ഇവിടെ ഇരുന്ന് എന്താ അഭ്യാസം നടത്തിയാലും കഴിയില്ല അപ്പൊ അത്രയും വലിയ ആനന്ദം ഇവിടെ ഉണ്ട് ഈ ആനന്ദമല്ല ഇവിടെ അന്ധകരണസ്ഥവും എന്ത് പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നു അത് എത്ര വലുതായാലും ശരി അത് എത്ര പരിശ്രമിച്ച് നേടിയതായാലും ശരി മനുഷ്യലോകത്തിലോ ദേവലോകത്തിലോ എവിടെ ആയാലും ശരി എന്താണ് അന്ധകരണസ്ഥവും ഭാഷകാരം പറയുന്നത് എല്ലാം മനസ്സിലുള്ളതാണ് പരിശ്രമിച്ച് അത്തരം അനുഭവങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലത് തന്നെ അങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ പക്ഷെ ഭാഷകാരം പറയുന്നു ഈ ഇതെല്ലാം രൂപാധിപത് രൂപാധികളെ പോലെ കേവലം പ്രത്യക്ഷ വിഷയങ്ങളാണ് അവിടെ സംശയം വരും മഹാത്മാക്കളെല്ലാം പറയുന്നു ആനന്ദത്തെക്കുറിച്ച് ആത്മാനുഭവത്തെക്കുറിച്ച് ശ്രുതി എന്ന് പറയുന്നത് വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസ പ്രസ്താദ് പേഷിമാരൊക്കെ അബദ്ധമാണ് പറഞ്ഞിരിക്കുന്നത് അല്ല വീണ്ടും നമ്മൾ ആ വാക്യങ്ങളിലും വാചകങ്ങളിലും പിടിച്ചു തൂങ്ങരുത് നമ്മുടെ ഭാഷ്യകാരം പറയുന്നത് അതിൻ്റെയൊക്കെ താൽപ്പര്യം എന്തെന്നുള്ളതാണ് നിങ്ങൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതല്ല അത് പിന്നെ വീണ്ടും പറയേണ്ട കാര്യമുണ്ട് അതിൽ നിന്നെല്ലാം നമ്മൾ വരുന്ന ധരിച്ചുവെച്ചിട്ടുണ്ടോ നമ്മൾ ധരിച്ച് ശരിയെന്ന് പറയാൻ ശാസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ട് അതിന് നമ്മുടെ മൂഢത മാത്രമാണ് ഇവിടെ അങ്ങനെ ഓരോ സ്ഥലത്തും പറയുന്നിടത്ത് മഹാത്മാക്കൾ പറയുന്നിടത്ത് അതിൻ്റെയൊക്കെ പരവമായ താല്പര്യം എന്താണോ നമ്മൾ ധരിച്ചതാണോ അതോ ഇനി അത് ധരിക്കേണ്ടതുണ്ടോ അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ആത്മപ്രത്യക്ഷം എന്ന് പറയുന്നത് രൂപരസാധികളെപ്പോലെയുള്ളൂ അങ്ങനെ ഒരു പ്രത്യക്ഷമുണ്ട് അത് ആത്മധർമ്മമല്ല ആത്മപ്രത്യക്ഷം എന്നതിന്റെ താല്പര്യം ആത്മാവിലുള്ള ങ്ങളെ നിരാകരിക്കുന്ന ജ്ഞാനം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ജ്ഞാനമുണ്ട് അതുകൊണ്ടാണ് അതിന് പ്രത്യക്ഷമെന്ന് പറയുന്നത് ആത്മാവ് അത് ജ്ഞാന വിഷയമല്ല അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് വാചോ നിവർത്തന്ത അപ്രാപ്തി മനസ്സാസം മനസ്സ് ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം എവിടെ നിന്നാണോ പിന്തിരിയുന്നത് അതാണ് ആത്മാവ് മനസ്സിന് ബുദ്ധിക്ക് സാക്ഷാത്കരിക്കാൻ കഴിയാത്ത അതാണ് ആത്മാവ് ദൃശ്യത സ്വഗ്ഞിയ ബുദ്ധിയാൻഷത്ത് പഠിച്ചവരുടെ മനസ്സിലതൊക്കെ വരും സുഷ്മയാ സൂക്ഷ്മർശി എന്ന് പറയുന്നുള്ള സൂക്ഷ്മമായ ബുദ്ധിയുണ്ട് അതിനെ ഗ്രഹിക്കാവുന്നു അതുതന്നെ മനഷികം പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ച ഒരു പ്രത്യക്ഷം ഞാനുണ്ട് ആ പ്രത്യക്ഷജ്ഞാനം എങ്ങനെ എന്ത് എന്നാണ് ഇവിടെ പറയുന്നത് ആ പ്രത്യക്ഷജ്ഞാനം ആത്മാവിനുള്ള വികല്പങ്ങളെ നിരാകരിക്കുന്നത് മാത്രമാണ് ആത്മാവിനും പ്രത്യക്ഷമാക്കുന്നതല്ല അതുകൊണ്ടത് ആത്മധർമ്മമല്ല അത് ഈ പ്രപഞ്ചത്തിൽപ്പെട്ടു പ്രപഞ്ചകോടിയിൽപ്പെട്ട ഒന്നാണ് ആത്മജ്ഞാനവും അതാണ് വിദ്വാന്റെ വിദ്യ അതുപോലെ ഞാനും ചിലത് മനസ്സിൽ തോന്നി ഇതൊക്കെ പുസ്തകം വായിച്ച് പറയുന്നേ അനുഭവിച്ചിട്ട് പറയുന്നതാണ് അനുഭൂതിയുണ്ടോ എനിക്കതിന്റെ അനുഭൂതിയുണ്ട് ഞാൻ അനുഭവിച്ചിട്ട് പറയുകയാണ് ആത്മാവ് എനിക്ക് പ്രത്യക്ഷമാണ് മറ്റേ പ്രസവം വായിച്ചിട്ട് പറഞ്ഞാൽ അത് പ്രത്യക്ഷമാക്കുന്നു പക്ഷെ എന്റെ അനുഭൂതിയാണ് ശരി സമ്മതിച്ച് തനിക്ക് കൊമ്പുണ്ട് എനിക്ക് കൊമ്പില്ല പ്രശ്നം തോന്നുന്നുള്ള തർക്കമില്ല വഴക്കില്ല നമസ്കാരം നമസ്കാരമേ ഗുരുവിന് നമസ്കാരം ഇതാണ് അദ്വൈതീയുടെ നിലപാട് അദ്വൈതീതിനെ ബോധിച്ച് എങ്ങനെയാണ് ശ്രവണ മനനങ്ങളിലൂടെ തപസ്സിലൂടെ ബോധിച്ചു അതിനെ നിഷേധിക്കാൻ മറ്റൊരു ജ്ഞാനമില്ല എന്തുകൊണ്ടായിരുന്നു ജ്ഞാന സമ്പാദനത്തിനുള്ള പ്രബലമായ പ്രമാണം ശ്രുതിയാണ് ശ്രുതി ബോധിപ്പിക്കുന്ന അതിനെ രാമൻ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റുന്നു അതാണ് ജ്ഞാനം അതുകൊണ്ട് അക്കാര്യത്തിൽ വിദ്വാന് സംശയം പറഞ്ഞല്ലോ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയമില്ല പറഞ്ഞു നേരത്തെ പറഞ്ഞു സംശയമില്ലല്ലോ ശരിയാണ് മൂഠനും സംശയവും മൂഢനും സംശയമില്ല വിദ്വാനും സംശയം നമ്മളാരുടെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളതാണ് മൂഢന്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിലും ശരി അങ്ങനെ ആയിക്കോട്ടെ തുടരുക അല്ല വിദ്വാന്റെ പക്ഷത്താണെങ്കിൽ അതാകുക മറിച്ചാണെങ്കിലോ അന്ധേനൈവ് നിയമാന യഥാന്ത ശ്രുതി എന്നാ പറിക്കുന്ന പോലെ അതുകൊണ്ടുകൂടെ ഭാഷ്യകാരൻ വ്യക്തമായി പറയുന്നു ഈ പറയുന്ന കാര്യങ്ങളിൽ വീണ്ടും സംശയവും അജ്ഞാനവും വിവരവും വന്നു കഴിഞ്ഞാൽ പോയി ശ്രുതിക്ക് വിവരമില്ലെന്ന് തോന്നുന്നു ഭാഷ്യകാരന് വിവരമില്ലെന്ന് തോന്നുന്നു അത് വിശദീകരിക്കുന്നവനും വിവരമില്ലെന്ന് തോന്നുന്നു അത് തോന്നിയാലും ദോഷമില്ല മറ്റു രണ്ടും തോന്നാൻ പാടില്ല അതുകൊണ്ടുകൂടെ വ്യക്തമായി പറയുന്നു എന്താണ് പ്രത്യക്ഷത്വ ആ വിദ്യ വിദ്വാന്റെ വിദ്യ അത് പ്രത്യക്ഷമാണ് വിവേകവിവേകൂ രൂപാധിപത് പ്രത്യക്ഷോപലഭ്യത വിവേകവിവേകങ്ങൾ ജ്ഞാനവും അജ്ഞാനവും വിവേകവിവേകമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ധരിക്കും ജ്ഞാനം അജ്ഞാനം എന്ന് പറയുമ്പം വേറൊന്നും ധരിച്ചോളേ കാരണം നമുക്ക് പല ജ്ഞാനവും പല അജ്ഞാനവും ഉണ്ട് അദ്വൈതത്തിന്റെ സന്ദർഭത്തിൽ ഇവിടെയെല്ലാം ജ്ഞാന ജ്ഞാനം എന്ന് പറയുമ്പോൾ ആത്മജ്ഞാനം ആത്മാജ്ഞാനം വേറെ ഒന്നുമല്ല നാളെ കുറിച്ചുള്ള ജ്ഞാനം ഇന്നലെ കുറിച്ചുള്ള ഞാനും പരഹൃദയജ്ഞാനം ഇതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുണ്ട് അതൊക്കെ ഉണ്ടായിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ അതെല്ലാം ശ്രേഷ്ഠം തന്നെ പക്ഷെ ഇവിടെ അതിന് പ്രസക്തിയില്ല ഇവിടെ എന്താണ് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനം പ്രത്യക്ഷോപലഭ്യത ഇതെല്ലാം രൂപാദികളെപ്പോലെ അത്രയുള്ളതിനുസാ രൂപരസഗന്ധങ്ങളെപ്പോലെ പ്രത്യക്ഷമായി ഉപലഭ്യത അനുഭവപ്പെടുന്നു എവിടെ അന്ധക്കരണസ്ഥു ഇതെല്ലാം അന്ധക്കരണത്തിലാണ് അന്ധക്കരണത്തിൽ അതനുഭവപ്പെടുന്നു നഹി രൂപക്ഷ സദ ദുഷ്ടധർമ്മത്വം ൂപപ്രത്യക്ഷം ആ ജ്ഞാനം ആ ജ്ഞാനം ദഷ്ടാവിന്റെ ധർമ്മമല്ല അത് തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പരോക്ഷമായി സ്ഥിതി ചെയ്യുന്ന ആത്മധർമ്മമല്ല ഇതല്ല അദ്വൈതത്തിൻ്റെ വിചാര രീതികളാണ് അദ്വൈത തത്വത്തെ എങ്ങനെ ബോധിപ്പിക്കാം എങ്ങനെ ബോധിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്ന വിചാരമാർഗങ്ങളാണ് ഈ രീതിയിൽ മനസ്സിലാക്കാം മറ്റു പല രീതികളുമുണ്ട് നിങ്ങളുടെ ഭാഷക്കാരെ ഇങ്ങനെ ഒരു രീതി രൂപത്തിന്റെ ജ്ഞാനം അത് ദക്ഷിണാവിന്റെ ധർമ്മമല്ല കാണുന്നവന്റെ ധർമ്മമല്ല എന്നുവെച്ചാൽ അത് കാണുന്നവന്റെ സ്വരൂപമല്ല രൂപജ്ഞാനം എന്നിടത്തിൽ സ്വജ്ഞാനം ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് അതല്ല ദഷ്ടാവ് അതല്ല ആത്മാവ് അതല്ല തന്റെ ഉള്ളിൽ അപരോക്ഷമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോടുകൂടി ഇതിനെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല വന്നാലത് അദ്വൈതമാണ് ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രം അദ്വൈതത്വം സമ്മർദ്ദിക്കുകയല്ല വേറെ ഏതെല്ലാം തരത്തിൽ ദ്വൈതം സംഭവിക്കാം അതിനെല്ലാം ഇവിടെ നിഷേധിക്കാൻ വേണ്ടി പറയുകയുള്ളൂ ൂപാധിജ്ഞാനങ്ങൾ ഉണ്ട് എൻ്റെ ആത്മാവ് ജ്ഞാനസ്വരൂപം എന്ന് പറയും തന്നിൽ നാനാത്മജ്ഞാനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രണ്ട് ജ്ഞാനമാണല്ലോ അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ തന്നെ എന്താണോ കാണുന്നുവെന്ന് അറിയുന്നവനായ ഞാൻ പിന്നെ എൻ്റെ അറിവ് അവിടെ ദ്വൈതം വന്നില്ലേ ആത്മാവ് ജ്ഞാനമാണെന്ന് അംഗീകരിച്ചാലും ദ്വൈതം വരുന്നു ആത്മാവ് ആനന്ദമാണെന്ന് അംഗീകരിച്ചാലും ദ്വൈതം വരുന്നു ആത്മാവ് സത്താണെന്ന് അംഗീകരിച്ചാലും ദ്വൈതം വരുന്നു ഞാൻ സത്താണ് എന്റെ മുമ്പിൽ കാണുന്ന പല സത്ത് ശബ്ദസ്പർശരുസഗന്ധങ്ങളെല്ലാം സത്തായി അനുഭവിക്കണം ആത്മാവ് സത്ത് ചെത്ത് ആനന്ദമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ദ്വൈത പ്രതീതിയാണ് വരുന്നു ദ്വൈതബോധമായിരുന്നു അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ വിശദീകരിക്കുന്നത് അതൊന്നും സാധൂകരിക്കുന്നില്ല അതിനേക്ക് അംഗീകരിക്കും ഇതെല്ലാം എന്താണ് അന്ധക്കരണധർമ്മങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന സത്തും ചിത്തും ആനന്ദവുമെല്ലാം അന്ധക്കരണധർമ്മമാണ് എന്തുകൊണ്ടതെല്ലാം അനുഭവിക്കുന്ന അന്ധക്കരണത്തിലാണ് എന്തുകൊണ്ടത് ആത്മാവായിക്കൂട അത് അപ്രാപ്യം മനസ്സാസഹ അത് ബുദ്ധിക്ക് വിഷയമല്ല നിങ്ങളനുഭവിക്കുന്നതെല്ലാം ബുദ്ധിക്ക് വിഷയമാണ് ആനന്ദമായാലും ശരി ജ്ഞാനമായാലും ശരി സത്തായാലും ശരി ബുദ്ധിക്ക് വിഷയമായിരിക്കുന്നത് പ്രത്യക്ഷമായിരിക്കുന്നത് ആത്മാവായിരിക്കാൻ കഴിയും അങ്ങനെ ദുരിതത്തെ തൻ്റെ അനുഭവത്തിൽ പ്രകാശിക്കുന്ന ഈ ദൈതത്തെ നിഷേധിക്കുക അതിനെ നിഷേധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഞാൻ ഏതെന്നാണോ ഈ ദുരിതത്തെ നിഷേധിക്കുന്ന ഞാൻ അതാണ് ആത്മജ്ഞാനം ആത്മാവന്റെ യാഥാത്മ്യത്തെ വെളിപ്പെടുത്തുന്ന ഞാനും പക്ഷെ ആ ഞാനത്തിന് നേരിട്ട് വെളിപ്പെടുത്താൻ വയ്യ ഈ നിഷേധങ്ങളിലൂടെ അതിന് വെളിപ്പെടുത്താൻ പറ്റും നേതി നേട്ടി ശ്രുതി അതാണ് പറയുന്നത് അവരതിനെ ബോധിപ്പിക്കുന്നു അന്തക്കണ്ണു ഈ ജ്ഞാനം എല്ലാം എല്ലാ അനുഭവങ്ങളും അന്തക്കണ്ണത്തിലെ സംഭവിക്കും എല്ലാ അനുഭവങ്ങളും ജീവന്റെ അതല്ല അന്ധകരണത്തിലെ സംഭവം ആത്മാവിനെ അറിയുന്നത് ജീവൻ ആത്മാവിനെ ഉപദേശിക്കുന്നതും ജീവൻ ഈ അറിവും ഉപദേശത്തുള്ള അറിവുമെല്ലാം അന്ധകരണത്തിലാണ് അത് ആത്മസ്വരൂപമല്ല നഹിരൂപസി പ്രത്യക്ഷ സ്യ സധഷ്ടധർമ്മം രൂപം എങ്ങനെയാണോ ദഷ്ടാവിന്റെ ധർമ്മമല്ലാതിരിക്കുന്നത് രൂപജ്ഞാനം എങ്ങനെയാണോ ദഷ്ടാവാകാതിരിക്കുന്നത് അതുപോലെ തന്നെ ആത്മജ്ഞാനവും അവിദ്യ വച്ച സ്വാനുഭവേനെ നിരുത്യതെ അവിദ്യയിൽ മുഖ്യമായ ഉദാഹരണമായി എടുക്കുന്നു അജ്ഞാനം അജ്ഞാനം അവിദ്യ എന്നെല്ലാം പറഞ്ഞാൽ ഇവിടെ ഒന്നെ സ്വാനുഭവേന നിരുത്യതെ അജ്ഞാനം ഉണ്ടെന്ന് ബോധ്യപ്പെടുന്ന എങ്ങനെ അനുഭവത്തിലൂടെ എങ്ങനെ മൂഢോഹം പറഞ്ഞു ഞാൻ മൂഢനാണ് എനിക്കറിയാൻ കഴിയുന്നില്ല ഗുരു പറയുന്ന ആത്മസ്വരൂപത്തെ എനിക്കറിയാൻ കഴിയുന്നില്ല ഇത് പ്രത്യക്ഷമല്ലേ ഇത് മറ്റാരോടൊങ്ങനെ ചോദിച്ചിട്ടാണോ മനസ്സിലാക്കുന്നത് അല്ലല്ലോ തന്റെ മൂഢതയെ ആർക്കും ബോധിപ്പിക്കാൻ കഴിയില്ല അതിന്റെ ആവശ്യമുണ്ട് അതവിടെ നിന്നെ അതുപോലെ തന്റെ സ്വരൂപത്തെയും ആർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല ആർക്കും ബോധിപ്പിക്കാനും കഴിയില്ല എന്തുകൊണ്ട് അത് ജ്ഞാനത്തിന് വിഷയമാണ് അതുകൊണ്ട് ഗുരുവും ശാസ്ത്ര എന്ത് ചെയ്യുന്നു അങ്ങനെ ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഏതൊരു ജ്ഞാനമാണോ തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കാത്തത് അതേസമയം അതേ ജ്ഞാനം തന്നെ തൻ്റെ സ്വരൂപത്തെ മറച്ചിരിക്കുന്ന മറകളെ നീക്കുന്നു അതാണ് അവിക്തം മമവിജ്ഞാനം എന്റെ ആ സ്വരൂപജ്ഞാനം അത് മറഞ്ഞിരിക്കുന്നു ഇതനുഭവമാണ് ആ മറയെ മാറ്റുന്ന ജ്ഞാനം അതാണ് ശാസ്ത്രമല്ലെങ്കിൽ ഗുരു ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നു അപ്പോ അതും പറയും എന്താണ് ശാസ്ത്രത്തിനോ ഗുരുവിനോ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് കാരണം ആത്മാവ് ജ്ഞാനത്തിന് വിഷയമില്ല അതുകൊണ്ട് ആത്മാവിനെ ഒന്നിനും പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല പിന്നെ ഞാനും ശാസ്ത്രവും ഗുരു എങ്ങനെ പ്രകാശിപ്പിക്കും ഇനി മറിച്ച് പറയുന്നതാണോ ശാസ്ത്രവും ഗുരുവുമാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത് എന്തുകൊണ്ട് കാരണം ഈ മൂഢതയെ നീക്കുന്ന ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതിന് ശാസ്ത്രത്തിനും ഗുരുവിനും കഴിയും അതുകൊണ്ട് ഞാനത്തെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അസ്വരൂപജ്ഞാനത്തെ ഉണ്ടാക്കാൻ കഴിയില്ല ജ്ഞാനത്തെ സമ്പാദിക്കേണ്ടതാണെന്ന് പറ എന്തുകൊണ്ട് ഈ അജ്ഞാനത്തെ നീക്കുന്ന ജ്ഞാനത്തെ സമ്പാദിക്കേണ്ടതാണ് ഈ ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നു ഗുരു എങ്ങനെ എന്തുകൊണ്ട് തന്റെ ജ്ഞാനത്തിന് വിഷയമായിട്ടല്ല തന്നിലിരുന്ന അജ്ഞാനങ്ങൾ മാറി അജ്ഞാന സംശയങ്ങൾ മാറി അത് പ്രകാശിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വേദാഹം വേദം ആദിത്യവർണ്ണമെന്ന് പറയുന്നു ആ അർത്ഥത്തിലാണ് ഈ ആത്മാവ് പരമാനന്ദ പരമാനന്ദമായ ആത്മാവ് അതിനെ ഞാൻ അനുഭവിക്കുന്നു എന്ന് ഗുരുവിന് പറയാം എങ്ങനെ ഏതർത്ഥത്തിലാണത് ഈ അനന്ത ജഡദ ദുഃഖങ്ങൾ ഇതിലാരോപിച്ചിരുന്ന അനന്തജട ദുഃഖങ്ങൾ മാറ്റുന്ന വിദ്യ തന്നിൽ പ്രകാശിച്ചു ആ വിദ്യകൊണ്ട് അതിനുള്ള ചില ദുഃഖങ്ങൾ മാറി ഈ സാതിശയമായ ആനന്ദം ബ്രഹ്മാവിന്റെ ആനന്ദം വരെയുള്ള ആനന്ദം അതെല്ലാം മാറി കേവലമായ ആത്മാവ് അപരോക്ഷമായി പ്രകാശിക്കുന്നു അതാണ് പരമാനന്ദ അവിടെ ആനന്ദ ശബ്ദത്തിന്റെ അർത്ഥത്തെയല്ല പറയുന്നത് പിന്നീട് അടുത്ത് വീണ്ടും ഭാഷകാലം പറയും വിഷയവിഷയീ ഭാവത്തിലുള്ള ആനന്ദമാണ് ആനന്ദ ശബ്ദത്തിൻ്റെ അർത്ഥം പരവുമായ ആനന്ദെന്ന് പറഞ്ഞാൽ ശരി നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണോ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിൽ നിന്നും വലിയൊരാനന്ദം നമ്മുടെ സങ്കല്പത്തിലുള്ള ആനന്ദം വിഷയവിഷയഭാവത്തിലുള്ള ആനന്ദം ശബ്ദാർത്ഥമായ ആനന്ദം ആനന്ദത്തെയല്ല ഗുരു പറയുന്നത് അതെന്താണ് അവാച്യമായ അപ്രോക്ഷമായ ആനന്ദമാണ് അതിനാനന്ദമെന്നോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പ്രയോജനമില്ലാത്തതുകൊണ്ട് വീണ്ടും പറയുന്നു ആനന്ദമെന്നോ സത്തെന്നോ ചിത്തന്നോ പറയാം നമ്മൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ആനന്ദത്തെ പ്രതീക്ഷിക്കണ്ട അല്ല നമുക്ക് ആനന്ദം തന്നെ അനുഭവിക്കണമെങ്കിൽ അതുമാകാം എന്താണ് ദേവനാകുക മനുഷ്യൻ്റെ ഇരുന്ന് ആനന്ദം അനുഭവിക്കുന്നതിന് ഒരുപാട് പരിമിതിയുണ്ടെന്നാണ് ഈശ്ശുതി പറയുന്നത് ഗന്ധർവനോ ദേവനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമോ നമുക്ക് ശരിയായ ആനന്ദം അനുഭവിക്കും പക്ഷെ അതിന് കഥയില്ല വിദ്യയുടെ വെളിത്തത്തിൽ അതിനൊന്നും നിലനിൽപ്പില്ല വിവേകത്തിൽ അതിനൊന്നും സ്ഥാനമില്ല അപ്പോൾ ഗുരു ആനന്ദം അനുഭവിക്കുന്നു എന്നറിയാൻ എന്താ താല്പര്യം സ്വസ്വരൂപം അപരോക്ഷമായി പ്രകാശിക്കുന്നു അതിനെ മറയ്ക്കുന്ന വികല്പങ്ങളൊന്നുമില്ല ജ്ഞാനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സത്തിനെ സംബന്ധിച്ചോ ആനന്ദത്തെ സംബന്ധിച്ചോ നമ്മുടെ ഭാവനകളൊന്നും അവിടെയില്ല അതാണ് എന്റെ താല്പര്യം അതാണ് ശ്രുതിയുടെയും താല്പര്യം എങ്ങനെയാണോ അജ്ഞാനം പ്രത്യക്ഷവുമായിരിക്കുന്നത് തഥാ വിദ്യ വിവേകോ അനുഭൂയതേ അതൊരു വേണ്ട ജ്ഞാനം പ്രത്യക്ഷമാണ് ഞാനതിന് പ്രത്യക്ഷമല്ലാതിരിക്കാൻ കഴിയത്തില്ല വെളിച്ചത്തിനൊരിക്കലും ഇരുട്ടായിരിക്കാൻ കഴിയില്ല അങ്ങനെ കഴിയും ഇത് വെളിച്ചമാണ് പക്ഷെ ഇരുട്ടാണെന്ന് പറയാൻ പറ്റുമോ അത് കഴിയത്തില്ല വെളിച്ചത്തിന് വെളിച്ചമായി ഇരിക്കാൻ കഴിയും അതുകൊണ്ട് വിദ്യ വിവേകം അത് അനുഭവമാണ് അത് അനുഭവ സ്വരൂപമാണ് ആരുടെ അനുഭവം അജ്ഞാന സംശയോ വിപരിയങ്ങളെ നീക്കുന്ന വിദ്വാന്റെ അനുഭവം അതിനാണ് ആത്മാനുഭവം എന്ന് പറയുന്നത് അത് ആത്മാവ് അനുഭവത്തിന് വിഷയമായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത് ശങ്കരും പിന്നും തെങ്ങിയ തന്നെ എന്ന് വരും അതുകൊണ്ടാണ് ഇതൊക്കെ മുമ്പ് പല ഭാഷയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ആദ്യം കേൾക്കുന്നതുപോലെ നമുക്ക് തോന്നുന്നു അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയും ഉപതിശന്ധി അന്യേഭ്യ ആത്മനോ വിദ്യാഹ പറയുന്ന വിദ്വാൻമാർ ഉപതിശന്ധി ഉപദേശിക്കുന്നു അന്യേഭ്യ ആത്മനോ വിദ്യ തന്റെ വിദ്യ തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന വിദ്യയെ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നു കേൾക്കുന്നവന് ഒരു തരത്തിലും ഭ്രഹ്മം വരരുത് തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്ന വിദ്യയാണ് ഉപദേശിക്കുന്നത് ഏതൊരു വിദ്യയാണോ തന്നെ ആത്മാജ്ഞാനത്തെ നശിപ്പിച്ചത് ആത്മവിവര്യത്തെ നശിപ്പിച്ചത് െല്ലാം ഈ വാക്യങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല നമ്മൾ പറയുന്നു ഒരാൾ പറയുന്നു ഞാൻ ആത്മാവിനെ അറിയുന്നു അത് ശരിയോ തെറ്റോന്നുണ്ട് ഒരാൾ മറ്റൊരാൾ പറയുന്നു ഞാൻ ആത്മാവിനെ അനുഭവിക്കുന്നു അത് ശരിയോ തെറ്റോന്നുണ്ട് ഒരാൾ പറയുന്നു ഞാൻ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു അയാൾ മൂഢനാണ് എന്നല്ല പറയുന്നു അങ്ങനെ ധരിക്കരുത് ഈ പറയുന്നതിൻ്റെയൊക്കെ താല്പര്യം അതെന്താണെന്നാണ് വിദ്യയുടെ താല്പര്യം എന്താണ് അവിടമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തഥാച്ച അന്യ അവതാരയന്തി കേൾക്കുന്നവന് എൻ്റെ താൽപ്പര്യത്തെ മനസ്സിലാക്കും എന്താണ് ഗുരു പറഞ്ഞതിന്റെ താല്പര്യം അവധാരയന്തി നിശ്ചയിക്കുന്നു ഉറപ്പിക്കുന്നു അപ്പോൾ ഉപദേശിക്കുന്നവന്റെ ജ്ഞാനവും കേൾക്കുന്നവന്റെ ജ്ഞാനവും ഒന്ന് വ്യത്യാസമൊന്നുമില്ല എന്താണോ തസ്മാൻ നാമരൂപ പക്ഷ സീവ അത് രണ്ടും നാമരൂപങ്ങളെപ്പോലായിരുന്നു വിദ്യ വിദ്യയിച്ച വിദ്യയും അവിദ്യയും അല്ല ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് ഭ്രഹ്മിട്ടുണ്ടെങ്കിൽ ധാരാളം ബ്രഹ്മങ്ങൾ വേറെയുണ്ട് ശരീരം പ്രപഞ്ചം നാമരൂപങ്ങൾ വിഷയങ്ങൾ ഈശ്വരൻ പല ഭ്രമങ്ങളുണ്ട് പറയുന്നത് സ്വരൂപത്തെ സംബന്ധിച്ച് ഭ്രമം വേണം അവിടെ എന്താണ് വിദ്യ എന്താണ് അവിദ്യ അത് മനസ്സിലാക്കണം ഇത് രണ്ടും തുല്യമാണ് നാമരൂപേ ആത്മധർമ്മവും നാമരൂപങ്ങൾ എങ്ങനെയാണോ ആത്മധർമ്മമല്ലാതിരിക്കുന്നത് അതുപോലെ ഈ ആത്മവിദ്യയും ആത്മധർമ്മമല്ല ആത്മസ്വരൂപമല്ല അതും അജ്ഞാനത്തെ പോലെ തന്നെ പക്ഷെ രണ്ടിന്റെയും പ്രവർത്തനം വിപരീതമാണ് ഇരുട്ടിന്റെയും വെളിച്ചത്തിൻ്റെയും പ്രവർത്തനം ഇരുട്ട് തന്നെ അന്ധനാക്കുന്നു വെളിച്ചം തന്നെ വഴി നടത്തിക്കുന്നു അതുപോലെ രണ്ടും തുല്യമാണെങ്കിലും വിദ്യയും അവിധ്യയും ഒന്ന് തന്നെ സംസാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിദ്യ അതിൽ മുക്തനാക്കുന്നു അതിന് ശ്രുതി പ്രമാണം പറയുന്ന നാമരൂപയോർ നിർവഹിതഅ തദ്ദേശ ഇതെല്ലാം അന്തരാ തൻ്റെ അന്തരാത്മാവായിരിക്കുന്നു പ്രത്യേകാത്മാവായിരിക്കുന്ന ആന്തരികസ്വരൂപമായിരിക്കുന്ന തദ് ആ പരമാത്മാവ് അത് തന്നെയാണ് നാമരൂപങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നത് അത് തന്നെയാണ് വിദ്യയെ പ്രകാശിപ്പിക്കുന്നത് അതുതന്നെയാണ് ഗുരുവായും ശാസ്ത്രമായും പ്രകാശിക്കുന്നത് ശാസ്ത്രയോനിത്വ ബ്രഹ്മസ്വത്വർച്ചി ശ്രുത്യന്തരാ എന്ന് വേറെ ശ്രദ്ധിയിലും പറയുന്നു